ഇപ്പോൾ ഇവിടെ എന്താണ് ചർച്ച ചെയ്യുന്നത് ശ്രുതി തന്നെ പറയുന്നു ബ്രഹ്മജിജ്ഞാസ അങ്ങനെ പാകമുണ്ട് തന്നെ പറയും പിന്നെ പൂർവഖണ്ഡത്തെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള കർമ്മങ്ങൾ പറയുന്നുണ്ട് കർമ്മങ്ങളെ സംബന്ധിച്ച് ഇതിനു ഇത് ഇതിനുശേഷം ഇത് ഇവിടെ ധർമ്മമീമാക്കു ക്രമം പറയുന്നുണ്ട് എവിടെയും ക്രമം സ്വീകരിക്കണമോ അത് വേണ്ട എന്നാണ് പറയുന്നത് ഒരു ക്രമം പറയുന്നുണ്ടെങ്കിലും അതിന്റെ അപവാദമായിട്ട് പറയുന്നുണ്ട് ക്രമം വേണ്ട എന്നും പറയുന്നുണ്ട് പിന്നെ പൂർമ്മമീമാംസയിൽ തന്നെ ക്രമം പറയുന്നുണ്ട് ക്രമമില്ലാതെ ഇഷ്ടപ്രകാരം ചെയ്യാമെന്നുള്ള കർമ്മങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് അതും ഇവിടെ സ്വീകരിക്കേണ്ട ആവശ്യം ഇല്ല ഇത് വിഷയമേറെയാണ് ഇവിടെ ക്രമം ആവശ്യമില്ലാത്ത എന്തുകൊണ്ട് വൈരാഗ്യമുള്ളവന് പരമജിജ്ഞാസ ആകാം അവിടെ വേറെ ക്രമം ഒന്നും നോക്കേണ്ട കാര്യം ഇതാണ് സിദ്ധാന്തം അതിനേശ് ഭാഷകാരെന്ന് സൂചിപ്പിച്ചതേയുള്ളൂ ശേഷശേഷി ഭാവം അങ്ങനെ ഭവമത്ഗാനം പറയുന്നത് ശേഷശേഷ പ്രമാണഭാവ ശേഷ ശേഷികളിൽ കർമ്മമുണ്ട് ശേഷമെന്ന് പറയുന്ന അംഗം ശേഷി എന്ന് പറയുന്ന അങ്കി ശേഷ പരാർത്ഥത്വ ശാപരഭാശി മുഖ്യമായ കർമ്മം അതിനുവേണ്ടി സിമ്പിളായി പറഞ്ഞു ഒരു മുഖ്യമായ കർമ്മം അതിനുവേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് അംഗകർമ്മങ്ങൾ അതിനുശേഷം എന്നു പറയും മുഖ്യകർമ്മത്തിന് ശേഷിയെന്നു പറയും അതാണ് ഈ പൂജയൊക്കെ ചെയ്യുമ്പോൾ പ്രധാന പ്രതിഷ്ഠയ്ക്ക് ഒരു പൂജ ചെയ്യുന്നു പിന്നെ അവിടെ ഇവിടെയുള്ള നാഗത്താർ പിന്നെന്താണ് രക്ത രക്ഷസന പൂജ ചെയ്യുന്നു ഭൂദൈവതം അത് പറയും മുഖ്യമുള്ളതിനായ കർമ്മത്തിന് ശേഷി എന്നും പറയും Yandere, no no ja humanica, naam, ം പറയുന്നു ശക്തർയാ ചർച്ച ചെയ്യുന്ന ശ്രുതി അർത്ഥ പാഠസ്ഥാന മുഖ്യ പ്രവൃത്തി ഇങ്ങനെയുള്ള കരമങ്ങളുണ്ട് ഈ കർമ്മങ്ങൾ എവിടെയാണ് വേണ്ടിവരെന്നുള്ളതിനാണ് ഇവിടെ ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞത് ശേഷാണ സമിതാതി നാം ശേഷയാഗങ്ങളാണ് സമിതാദിയാഗങ്ങൾ സമിതോ യജതി വിഡോ യജതി ബർഹി യജതി തനൂനപാദം സ്വഹാകാരം യജതി പഞ്ചപ്രയാജ് മീമാംസ ഒരുപാട് ചർച്ച ചെയ്യുന്നു ാണ് ശേഷാണാം സമിതാധീനാം അംഗയാഗങ്ങൾ അല്ലെങ്കിൽ ഉപയാഗങ്ങൾ എന്ന് വേണമെന്ന് പിന്നെ ശേഷിനാം ആഗ്നേയാധീനാം ആഗ്നേയം അഗ്നേശോമീയം ഉപാംശം അല്ലെങ്കിൽ ആഗ്നേയം സമനീയം ഉപാംശം ഇങ്ങനെയെല്ലാം പറയും ഇതാണ് ശേഷം അങ്കയാഗങ്ങൾ അതിനെ അനുബന്ധിയായിട്ടാണ് ഈ അംഗങ്ങൾ ചെയ്യേണ്ടത് ഇവയ്ക്ക് ക്രമം ഉണ്ടെന്നാണ് ഈ പറയുന്നത് അത് മീമാംസയുടെ ശബ്ദം ഉപയോഗിച്ച് അവിടുത്തെ നിയമങ്ങളനുസരിച്ച് പറയുമ്പോഴത്തി വലുതായി പോകും അതാണ് അടുത്ത് പറയുന്നത് എന്താണ് ഈ അങ്കഅങ്കികൾ അതായത് സമിതാതിയാഗങ്ങളും പിന്നെ ആഗ്നേയാതിയാഗങ്ങളും അതായത് യാഗങ്ങളുടെ പേരാ പറഞ്ഞത് അഗ്നേയം അഗ്നി ഉപാംശം പറയും യാഗങ്ങളുടെ പേരാണ് സമിത് ഉപഗ്രഹ പൗർണമാവാസ്യ കാല സംബദ്ധന അതിൽ ഏക അധികാരി കടത്തിർക്കാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന അംഗങ്ങളും അങ്കികളും ഒരുപാട് യാഗങ്ങളുണ്ട് ഇതിൻ്റെയെല്ലാം അധികാരി ഒരാളാണ് ഒരാളാണ് ചെയ്യേണ്ടത് ഒരുപാട് യാഗങ്ങളുണ്ട് അപ്പോ ഒരാളിതൊക്കെ ചെയ്യേണ്ടി വരുമ്പോ പലയാഗങ്ങളല്ലേ പറയുന്നു യുഗപദ് അനുഷ്ഠാന ആശക്തി ഒരേ സമയം പലയാഗങ്ങൾ ചെയ്യാൻ പറ്റും മെയിൻ ദേവത ശ്രീകോർ കയറിയിരുന്ന് പൂജിക്കാനും അവിടെ പോയി രക്ത പൂജിക്കാനും കൂടെ ഒരേ സമയം പറ്റൂ ചിലപ്പോ പറയുന്ന ഒരു കാര്യം ഈ ആദ്യ രക്തരാക്ഷസിനെ പൂജിച്ച് തൃപ്തിപ്പെടുത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യണം മെയിൻ ദേവതയെ പൂജിക്കണം രക്തരക്ഷസെന്ന് പറയുന്ന ആരാണ് ഈ രക്തരക്ഷസ് ബ്രഹ്മരക്ഷസ് ബ്രാഹ്മണരാണോ അതുകൊണ്ട് അവർ ആദ്യം പൂജിച്ച് സന്തോഷിപ്പിക്കണം ബ്രാഹ്മണരും ഇങ്ങനെയൊക്കെ നിയമങ്ങൾ വയ്ക്കുന്നില്ല ആ കാര്യങ്ങളോട് പറയുന്നു ഇവിടെ പറയുന്നത് ഏകാധികാരി കടത്തിപ്പോൾ കാണാം ഒരു അധികാരി ചെയ്യുന്നതാണ് ഈ പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ട് കർമ്മം വേണം ഒരുമിച്ച് അനുഷ്ഠിക്കാൻ പറ്റത്തില്ല പിന്നെ ഏക പ്രയോഗവചന ഉപഗ്രഹീതാനാം പ്രയോഗവചനം എന്ന് വെച്ച വിധി പലതരത്തിലുണ്ടായിരുന്നാണ് പ്രയോഗവിധി ഒരു പ്രയോഗവിധിയിലൂടെയാണ് ഇതെല്ലാം മനസിലാക്കേണ്ടത് എങ്ങനെ ഇതാണ് പ്രയോഗവിധി പ്രയാജാതിഭി ഉപകൃതാഭ്യാം ദർശപൂർണമാസാഭ്യാം സ്വർഗകാമോ യജേതോ ഇതിലെല്ലാം വരുന്നു ദർശപൂർണമാസയാഗം ആ കാലത്തിലാണ് പൂർണമാസം എന്ന് പറയുന്നത് ആ കാലമാണ് അമാവാസി എന്ന് പറയുന്ന കാലമാണ് അപ്പൊ ആ കാലത്ത് ചെയ്യണമെന്നാണ് ഈ പറയുന്നത് എന്തു ചെയ്യണം ഈ പറയുന്ന പ്രയാജാദികൾ നേരത്തെ പഞ്ചപ്രയാജ പിന്നെ അവിടെ വരുന്ന അഗ്നിശോമിയാദികൾ ഇതെല്ലാം ചെയ്യണമെന്നുള്ള ഈ വചനമാണ് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാകുന്നു കർമ്മസ്വരൂപ ബോധകവിധി പ്രയോഗവിധി എന്ന് പറയും കർമ്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വിധിയാണ് പ്രയോഗവിധി ഇതൊക്കെ വേദത്തിലുള്ളതാണ് അപ്പോൾ ഈ ഒരു വിധിയിൽ ഇതൊക്കെ മനസ്സിലാക്കണം എന്തൊക്കെ ഈ പറയുന്നതെല്ലാം ചെയ്യണമെന്നതാണ് ഏക പ്രയോഗവചനം ഉപഗ്രഹീതനാണ് ഏകപ്രയോഗവചനം എന്ന് വെച്ചാൽ ഒരു പ്രയോഗവിധി അതുകൊണ്ട് ഉപഗ്രഹീതമായിരിക്കും മനസ്സിലാക്കാവുന്നതാണ് അതാണ് ഈ കർമ്മങ്ങൾ പിന്നെ മറ്റെന്തെന്താണ് ഏകഫല അവച്ഛിന്നാനം ഏകഫലം എന്ന് വെച്ചാൽ സ്വർഗം സ്വർഗഫലത്തോട് അവച്ഛിന്നമാണ് ബന്ധപ്പെട്ടതാണ് ഏകഫല അവഛന അവലാ കർമ്മങ്ങളുടെയും ഫലം എന്താണ് സ്വർഗം എന്ന് പറയുന്നത് ഒരു ഫലം പിന്നെ പറയുന്നത് എന്താണ് ഏകഫലവ ഉപകാരപതിബദ്ധാണ എന്ന് പറയും ഏകഫലവധി ഏകസ്റ്റലവത ഉപഹാരം അതാണ് ഏകഫലവത് ഉപകാരമെന്ന് വെച്ചാൽ ഫലവത്ത് എന്ന് പറയുന്ന പ്രധാന കാരണം ഫലവത്തിന്റെ ഉപകാരം ആണ് ഫലവത്തായ ഒന്നിൻ്റെ ഉപകാരം അതാണ് ഏകഫലവേകമായ ഒന്നും അത് ഫലവത്തായതിൻ്റെ ഉപകാരമാണ് ഫലവത്വം എന്ന് പറയുന്നത് പ്രധാനം അതാണ് ഏകചാതവും അസൗ ഫലവാന ഉപകാര അതിൽ എന്താണ് ഉപകാരേ എന്ന് പറയുന്നു ഏകഫല ഉപകാര ഉപനിബന്ധം എന്ന് പറഞ്ഞാൽ ആ ഉപകാരത്തിൽ സാധനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നാണ് ശേഷം അംഗങ്ങൾ എന്നുവെച്ചാൽ മുഖ്യത്തിന്റെ സാധനമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ശേഷം നൃത്തം ഫലപത്തെന്ന് പറയുമ്പോൾ പ്രധാനം അതിനുപകാരമായിരിക്കുന്ന അംഗം ആ ഉപകാരമായി ആ പ്രധാനത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു അംഗങ്ങൾ മുഖ്യത്തോട് ഉപകാരമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുഖ്യത്തിനുപകാരമായിട്ട് അതങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അംഗയാഗങ്ങൾ ചെയ്യുമ്പോൾ അതിനൊന്നും അപൂർവം മുഖ്യാഗം ചെയ്യുമ്പോൾ അതിൽ നിന്നും അപൂർവം ഉണ്ടാകും എന്നിട്ട് ഈ അംഗയാഗങ്ങൾ ചെയ്തിൽ നിന്നുണ്ടായ അപൂർവം മുഖ്യയാഗത്തിൽ നിന്നുണ്ടായ അപൂർവത്തോട് കൂടിച്ചേരും കൂടിച്ചേർന്നിട്ട് സ്വർഗ്ഗഫലം ഉണ്ടാകും മീമാംസകരും എന്താണ് പഴയകാലത്ത് ഈ കർമ്മങ്ങള് വലിയ യാഗങ്ങളൊക്കെ ഈ പുരോഹിതന്മാർ ക്ഷത്രിയന്മാരെ കൊണ്ട് മറ്റും ചെയ്യിക്കണമെങ്കിൽ അവരെന്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫലമുണ്ടാകുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി ഇപ്പം അവിടെയാണ് യാഗമെന്ന് പറയുന്നിവിടെ തീരുന്നു ചെയ്ത ഒരാജാവ് മരിക്കുന്നത് വയസ്സുകാലത്താണ് യാഗം ഇങ്ങനെ സ്വർഗം കിട്ടും അപ്പൊ അതിനുവേണ്ടിയാണ് പറഞ്ഞാൽ യാഗത്തിൽ നിന്ന് അപൂർവം ഉണ്ടാവും അത് എങ്ങനെയെങ്ങനെയൊക്കെ ഏതിൽ നിന്നൊക്കെ അപൂർവം ഉണ്ടാവും ഓരോ കാര്യങ്ങളും വിശദമായിട്ട് വരും ഒരുപാട് ചിന്തിക്കുകയും ഒരുപാട് എഴുതി വെക്കുകയും ചെയ്തു ഈ ഒന്ന് ഇതൊന്നും അവർക്ക് തന്നെ ഉറപ്പില്ല അതുകൊണ്ട് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് എന്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഉറപ്പിക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ മീമാംസന്മാർക്ക് എന്താണ് ഈ യാഗമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു ഉറപ്പും ഇല്ല ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞു ഉറപ്പിച്ചാണ് ഇത്രയും വലിയ മീമാംസാ ശാസ്ത്രമുണ്ടായത് അപ്പോൾ അവർ ഇമാജിനേഷൻ കല്പനയ്ക്ക് വളരെ മെടുക്കന്മാരാണ് അപ്പം ഈ യാഗം ചെയ്യുന്ന ആത്മാവിനെ സ്വർഗത്ത് കൊണ്ടുപോകാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു ഏർപ്പാടാണെന്ന് തോന്നുന്നത് എന്താണ് അപൂർവം മുഖ്യമായ യാഗത്തിൽ നിന്നൊരു അപൂർവം ഉണ്ടാവും പിന്നെ അങ്ക യാഗത്തിൽ നിന്ന് ഈ എന്താണ് അംഗങ്ങളിൽ നിന്നും അപൂർവം ഉണ്ടാവും അപ്പോ ഈ എല്ലാം കൂടെ ചേർന്നിട്ട് അവസാനം സ്വർഗം കിട്ടും അതുകൊണ്ടാണ് ഈ അംഗങ്ങളെ ഉപകാരകങ്ങളെന്ന് പറഞ്ഞത് എന്തിനു പ്രധാനത്തിന് അതുകൂടെ പറഞ്ഞത് ഏകശ്ചാസവും ഫലവത പ്രധാന ഉപകാര തസ്മിൻ ഉപനിബന്ധന അതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ശേഷം അതാണ് ഇപ്പൊ എല്ലാം വന്നു അതിന്റെ വിശേഷണങ്ങൾ എന്ന് പറയുന്നു അത് പിന്നെ എന്ത് ചെയ്യുന്നു അത് അനുഷ്ഠിക്കേണ്ട കുറിച്ചാണ് പറഞ്ഞത് ഏക പൌർണമാസി അമാവാസ്യ കാലസംബന്ധമാണ് പൌർണമാസയിലും അമാവാസ്യയിലും ഒന്നുകൂടി കാലത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കർമ്മങ്ങളെല്ലാം അങ്ങനെ അമാവാസ്യം ഒരേ കാർ ഇതൊക്കെ കാര്യം ചെയ്യാൻ പറ്റില്ല അവിടെ എന്താ എഴുതിയിരിക്കുന്നത് അതാണ് ശരി ഇനി പറയുന്ന ആഗ്നേയം അഗ്നിഷോമീയം ഉപാംശം ഇതെല്ലാം എന്താണ് പൗർണമാസ്യാ സംബന്ധമെന്ന് പറയുന്നത് പൗർണമാസ്യാ ആ കാലത്തിൽ ആയിട്ടാണ് അതിന്റെ ബന്ധം പിന്നെ ആഗ്നേയം പയോധിയാഗം പയോയാഗം ദതിയാഗം ഇതെല്ലാം സംബന്ധം ആ ദീർഘം ഉണ്ടെങ്കിൽ മാവാസ്യമാവാസ്യ സംബന്ധം പറയും അങ്ങനെയും പറയാസ്യ അമാവാസ്യ ഏക പൗർണമി അമാസിയ ഒരു പൗർണമാസി അമാവാസ്യ കാലത്തിനുള്ളിൽ അങ്ങനെയാണ് ഏകമായിരിക്കുന്ന പൗർണമി അമാവാസ്യ കാലത്തിനുള്ളിൽ അങ്ങനെ അർത്ഥം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അമാവാസ്യം എഴുതിയിരിക്കുന്നതിനുഷ്ഠിക്കാൻ പറ്റിയിട്ടു അതുകൊണ്ട് ക്രമം വേണമെന്ന് ഒരുമിച്ച് അനുഷ്ഠിക്കാൻ പറ്റാത്ത കൊണ്ട് ക്രമം വേണോന്ന് ഇതല്ല പല യാഗങ്ങളല്ലേ ആഗ്നേയം അഗ്നിഷോമിയോ ഉമാ ആഗ്നേയം പയദി എന്നൊക്കെ പറയുന്നത് പല യാഗങ്ങളാണ് ഇതൊക്കെ ഒരു കാലത്ത് ഒരു ഒരേ സമയം അനുഷ്ഠിക്കാൻ അതില് മൂന്നെണ്ണം ഒരു കാലത്തെയനുഷ്ഠിക്കും ഏകകാലം എന്ന് പറയുന്നത് മൂന്ന് യാഗങ്ങൾ എന്തു ചെയ്യണം ഒരു കാലത്തിനനുഷ്ഠിക്കും ആഗ്നേയം അഗ്നീഷോമ്യം ഉപാസവും പറയുന്ന മൂന്നെണ്ണം പൗർണമാസനുഷ്ഠിക്കും ബാക്കി പറയുന്ന ആഗ്നേയ പയ ദധിയാഗങ്ങൾ ഒരു കാലത്ത് അങ്ങനെ സാമർഥ്യം അതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ക്രമപ്രാപ്തവും ക്രമം അപ്പം ഇതിന് ഒരുപാട് യാഗങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ എന്ത് ക്രമ സ്വീകരിക്കും അതാണ് തദ്വിശേഷാപേക്ഷ ഓരോന്നിൻ്റെയും കർമ്മങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കർമ്മവിശേഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെ ആശ്രയിക്കുമ്പോൾ എന്തുവരുന്നു പാഠാദേഹ തദ്ധനീയമായ പ്രഭൂതി പാഠാദികൾ അതിന്റെ ഭേദത്തെ നിയമിക്കുന്നതിന് കാല ക്രമഭേദം ഏതാദ്യം ഏത് പിന്നീട് ഇങ്ങനെയുള്ള ക്രമഭേദത്തെ ക്രമഭേദം എന്നുവെച്ചാൽ ക്രമവിശേഷം ആ ക്രമവിശേഷത്തെ നിയമനം ചെയ്യുന്നതിന് അതിന് നിയമമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രബന്ധി സമർത്ഥമായിത്തീരുന്നു ഏത് പാഠാധികൾ പാഠാധികളെന്ന് പാഠസ്ഥാന മുഖ്യപ്രവൃത്തി എന്ന് പറയുന്ന ഈ ക്രമങ്ങൾ ക്രമവിശേഷങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ഈ പറയുന്ന കർമ്മങ്ങളെല്ലാം ചെയ്യണം അപ്പൊ ഇവിടെ ക്രമം ഉണ്ട് ബ്രഹ്മമീമാംസി ക്രമമുണ്ട് ഇതാണ് പറയുന്നതിന്റെ ചുരുക്കം ഇത് പൂർവമീമാംസി ചർച്ച ചെയ്ത് വളരെ വിപുലമായൊരു വിഷയത്തെ ഇവിടെ അങ്ങ് ചുരുക്കി പറഞ്ഞെന്നുള്ളതേ ഉള്ളു നിയമായ സമർത്ഥമായി തീരുന്നു ആ നിയമം ഉണ്ടാകുന്നു അവിടെ ഉണ്ടാകുന്നു എത്രത്തോ ശേഷ ശേഷി ഭാവോ ഏകാധികാരേതോ യഥാ സൗര്യ സൗര്യമണ കുറെ കാര്യങ്ങൾ പറയണം സ്ഥലങ്ങൾ പറയണം ചില വിധികളുണ്ട് അവിടെയൊന്നും ക്രമമില്ല ഇങ്ങനെയാണ് സൗര്യം ചരും നിറവേത് ബ്രഹ്മവർച്ചസ് കാമ സൂര്യദേവതയെ ഉദ്ദേശിച്ചിട്ടുള്ള ചരു എന്ന് പറയുന്നത് പായസം മറ്റും ഉണ്ടാക്കി നമ്മൾ പൊങ്കാല ഇടുന്നില്ല അതുപോലെ പായസം ഉണ്ടാക്കുന്നതിനാണ് ചരു എന്ന് പറയുന്നത് അത് നിർവഭേയതെന്നു വെച്ചാൽ സമർപ്പിക്കുക സൂര്യദേവതയ്ക്ക് വേണ്ടിയിട്ട് അതൊരു വിധിയാണ് അത് ബ്രഹ്മവർച്ചസ തേജസ് പ്രാഗല്ഭ്യം ബ്രഹ്മവർച്ചസെന്ന് പറയുന്നത് തേജസ്സ പ്രാഗല്ഭ്യമാണ് അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ പിന്നെ സ്വർഗകാമഹ അര്യമാ എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട് ആ ദേവതയ്ക്ക് വേണ്ടിയിട്ട് എന്തെയാണ് ഇതുപോലെ പായസം ഉണ്ടാക്കി നിവേദിക്കണം എന്താണ് സ്വർഗ കാമൻ നമ്മൾ നിർവഭേദം നമ്മൾ നിവേദിക്കുക എന്ന് പറയുന്നതാണ് നിർവഭേത് നിർവഭേദനം നിവേദിക്കുക എന്നുള്ളതാണ് പ്രാജാപത്യം ചരും നിർവഭേദ് ശതകൃഷ്ണലം ആയുക്കാമഹ പ്രജാപതി ദേവത ഉദ്ദേശിച്ച് പായസം ഉണ്ടാക്കി നിവേദിക്കണം അങ്ങനെ ശതകൃഷ്ണലം അതിനോടൊപ്പം ഒരു നൂറ് സ്വർണ്ണ കഷ്ണങ്ങളൂടെ അതിനോടൊപ്പം നിവേദിക്കണം നൂറു സ്വർണ്ണ കഷ്ണം സ്വർണ്ണമണികൾ അതാണ് കൃഷ്ണലം എന്ന് പറയുന്നത് സ്വർണമണികളൂടെ അത് വേദിച്ച് ആക്കുകിട്ടും ചില പ്രയോഗങ്ങളുടെ അവർ നടത്തണം നൂറും മറ്റടത്തൊക്കെ പായസം മതി പക്ഷെ ഈ പ്രജാപതിക്ക് നിവേദിക്കുമ്പോ എന്ത് ചെയ്യണം ഒരു നൂറ് സ്വർണ കഷ്ണം കൂടെ ഇരുന്നോട്ടെ സ്വർണഖണ്ഡമെന്നാണ് വലുതായാലും കുഴപ്പമില്ല ചെറുതായാലും കുഴപ്പം ആയുക്കാമഹ ആയുസിനു വേണ്ടി എന്ന് പറയുമ്പോൾ ആരായാലും ചെയ്യും എന്നെന്റെ ആയുസിനും ദോഷമുണ്ട് ജോഡ്സിയും പറയുന്നത് ഇന്ന ഇന്ന ചെയ്യണമെന്ന് ഞാൻ അമ്പലങ്ങളിൽ ഓടിയണം ചെയ്യുന്ന ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് പഴാചത്യം ചരും നിറവേ ശതകൃഷ്ണനും ആയുഷ് ആയുക്കാമ പഴയ നൂറ് പണം നൂറ് പൊൻപണം സമർപ്പിച്ച ദേവത ഇതീന്നൊക്കെ വന്നു ഇവിടെ എന്താണ് ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നിടത്ത് ക്രമമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇതല്ല നേരത്തെ പറഞ്ഞിട്ട് സംവിധാന യാഗങ്ങൾ എന്ന് പറയുന്നത് ഒരാൾ അനുഷ്ഠിക്കുന്നത് ഒരേ സമയം ചെയ്യാൻ പറ്റത്തില്ല അവിടെ അതുകൊണ്ട് എന്തു ചെയ്യുന്നു അക്രമം വേണം അക്രമം എന്തെന്നറിയുന്നതിന് പാഠസ്ഥാനം പ്രവൃത്തി ക്രമങ്ങൾക്ക് അനുസരിച്ചെയ്യണു അവിടെ പറഞ്ഞ ശരിയാണ് ഇവിടെ ക്രമമായിട്ട് എന്നെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് വേണ്ടിയിട്ടൊരു പ്രയോഗവിധി ഇല്ല ക്രമമായി ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു പ്രയോഗവിധി ഇവിടെ ഇല്ല കാരണം ഒന്ന് എന്താണ് മറ്റെടുത്ത് ആ പറഞ്ഞതെല്ലാം ഒരു സ്വർഗ്ഗഫലത്തിന് വേണ്ടിയിട്ടാണ് ഒരു സ്വർഗ്ഗഫലത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു പ്രയോഗവിധി വന്നത് നേരത്തെ പറഞ്ഞല്ലോ പ്രയാജാതി അവിടെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ക്രമമായി പഠിച്ചെങ്കിലും ഇവിടെ ബ്രഹ്മവർച്ചസ് ഒരു ഫലം മറ്റൊന്ന് സ്വർഗം മറ്റൊന്ന് ആയുസ് മൂന്ന് ഫലത്തിന് വേണ്ടി പഠിച്ചിരിക്കണം അപ്പൊ ഇവിടെ ഒരു പ്രയോഗവിധിയില്ല അതുകൊണ്ട് ഓരോന്നിനും പ്രത്യേകം പ്രയോജനം പറഞ്ഞിരിക്കുന്നുണ്ട് പ്രാഗൽഭ്യൻ തേജസ് അപ്പൊ പിന്നെ ഇവിടെ എന്തു ചെയ്യണം മൂന്ന് പ്രത്യേക ഫലത്തിന് വേണ്ടിയുള്ള മൂന്ന് കർമ്മങ്ങളല്ലേ അപ്പം പുരുഷ എങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യാം ക്രമവൊന്നുമില്ല ആദ്യം ഇന്നത് ചെയ്യണോ ഈ പറഞ്ഞ കർമ്മത്തിൽ ചെയ്യണ്ട ആദ്യം വേണമെങ്കിൽ ഈ സൗര്യദേവതയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ പ്രജാപതിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഹരിമാവിന് ചെയ്യാം അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ഇവിടെ ക്രമമില്ല അതിനോട് പറഞ്ഞിരിക്കുന്നത് എത്ര ദിവസവും ശേഷശേഷി ഭാവുനാധികാരം പറയുന്നില്ല പലർക്കും പല ഫലങ്ങളിൽ പലർക്കും ചെയ്യാം എന്നാ പാഠാതിക്രമവിശേഷ നിയമ പ്രമാണം അതുകൊണ്ട് ഇതൊന്നും ഇവിടെ എന്താണ് ക്രമവിശേഷം ക്രമഭേദത്തിനൂടെ പ്രമാണമില്ല അതുകൊണ്ട് അവർജനീയതയാത്ര പടാതിക്രമ അവർജനീയതയാ തസ് തത്ര ആകതാണ് ഓരോന്നും പ്രത്യേകം പ്രത്യേകം അപർജനീയമായി അവിടെ സംഭവിച്ചിരിക്കുന്നതാണ് യുഗപത് എന്താണോ പുരുഷന്റെ ഇച്ഛയനുസരിച്ച് ഇന്ന് ഇത് ചെയ്യാം എന്നാണ് ഇവിടെ പുരുഷന്റെ ഇച്ഛയനുസരിച്ചാണ് ക്രമവും നിർത്തുന്നത് അതിനൊരു കാര്യം പറഞ്ഞു അവർജനീയതയെന്ന് തസ്യത്തത്രഅവതത്വ ക്രമവിശേഷ നിയമേ ന പ്രമാണം പടാതെ ഇല്ല പിന്നെ ഈ പറയുന്നത് അവർജനീയതയാ എന്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പാഠം പാഠം എന്ന് പറയുന്ന ക്രമമാണ് എന്താണ് പറയുന്നത് അതാണ് അവർജനീയതയാ തത്രത്തേകൾ പാഠം ക്രമമായിട്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പഠിച്ചിരിക്കുന്ന അപ്പം ചൊല്ലുമ്പോൾ ക്രമമായിട്ട് എന്നെ ചൊല്ലണം അനുഷ്ഠാനത്തിലല്ല ചൊല്ലുമ്പോൾ കാരണം ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് പറയാൻ പറ്റൂ മൂന്നു കാര്യം പറഞ്ഞല്ലോ മൂന്ന് ബാക്കി ഒരേ സമയം ഉച്ചരിക്കാൻ പറ്റില്ല അതാണ് അവർജനീയത എന്ന് പറയുന്നത് അത് ഒരുമിച്ച് ഉച്ചരിക്കാൻ പറ്റാത്തത് ക്രമമായി പഠിച്ചിരിക്കുന്നു അപ്പൊ ഇത് കേവലം അധ്യയനത്തിന് വേണ്ടിയിട്ടാണ് അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടില്ല അപ്പൊ വേദം ചൊല്ലുമ്പോൾ ഇവിടെ പറയുന്ന വേദം ചൊല്ലുമ്പോൾ ഈ പറഞ്ഞ മന്ത്രങ്ങൾ എങ്ങനെ ചൊല്ലണം ചരും നിർവേദ്മഹ ആര്യമണംവേദ് സ്വർഗ കാമഹ പ്രാജാപത്യം ചരും ശതകൃഷ്ണനമായു കാമഹ ഇതിങ്ങനെ തന്നെ ചൊല്ലണം അധ്യയനത്തിന് എന്തുകൊണ്ട് അവർജനീയതയ അങ്ങനെയാണ് വേദത്തിലെ പാഠം പക്ഷെ അനുഷ്ഠാനത്തിൽ ക്രമ എന്ന അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപർജനീയതയ ഒഴിവാക്കാൻ വയ്യാത്തോണ്ട് തസ്യ ആ ക്രമത്തിന്റെ ക്രമം തത്രാകത്തോ അവിടെ സംഭവിച്ചിരിക്കും എവിടെ വേദത്തിൽ അപ്പൊ അധ്യയനത്തിൽ ക്രമമുണ്ട് അനുഷ്ഠാനത്തിൽ ക്രമം ഇല്ല അങ്ങനെയും ചില സ്ഥലങ്ങളുണ്ട് ഇത് അവിടെ പൂർവ്വവിമാംസി ചർച്ച ചെയ്തി ഇങ്ങനെ ഒരു ക്രമം പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കൃത്യർത്ഥമാണോ അത് അധ്യയനാർത്ഥമാണോ അത് ചുരുക്കി പറഞ്ഞിട്ടാണ് എന്ന് വെച്ചാൽ അത് വേണ്ടി ഇങ്ങനെ അതോ വേദപാഠത്തിന് വേണ്ടിയിട്ടാണോ അപ്പം അവിടെ പറയാഗത്തിനുവേണ്ടിയല്ല പറഞ്ഞു വേദപാഠത്തിൽ ഇതിനൊക്കെ കുറിച്ചൊക്കെ അങ്ങോട്ട് തലനീയ തലനാരി ക്യൂറിയ ചർച്ചകളാണ് നടത്തുന്നത് വേദത്തിൽ അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് വേദത്തിൽ ക്രമം ഉള്ളതുകൊണ്ട് ക്രമം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഭാവനികകാരൻ തന്റെ മീമാംസാ പാണ്ഡിത്യം അനുസരിച്ച് തന്നെ അങ്ങ് എഴുതി വയ്ക്കുകയാണ് ഈ പറയുന്ന ബ്രഹ്മജ്ഞാനായിട്ടൊന്നും നേരിട്ട് യാതൊരു ബന്ധവും ഇല്ല പിന്നെ ഒരു ബന്ധമുള്ളത് നിങ്ങളിങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ പറയുമ്പോൾ അർത്ഥം പറയുമ്പോൾ വേദമായിട്ടെന്താ ബന്ധം അത് വെളിപ്പെടുത്തണം ഭാഷകാരൻ സൂത്രമല്ല ഭാഷകാരൻ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നല്ലോ അത് വന്നതുകൊണ്ട് ശേഷ ശേഷിത്വ പ്രമാണഭാവ എന്നൊക്കെ വന്നില്ലേ അതുകൊണ്ട് അത് പറഞ്ഞതുകൊണ്ട് ഇത്രയും കൂടെ തഥാ ഇ ക്രമവും വിപക്ഷിത ശേഷ ശേഷിത്വ പറഞ്ഞാണ് ഇത്രയും പരത്തി പറയുന്നത് ഈ ഒരു ചെറിയ പാചകം അങ്ങനെ പാമതികാരൻ ഇങ്ങനെ പല പല ക്രമങ്ങളും പറഞ്ഞു കൊള്ളടം പറഞ്ഞു ഇല്ലാത്തടം പറഞ്ഞു എന്നിട്ട് ധർമ്മം ബ്രഹ്മ ജിജ്ഞാസയോ ശേഷശേഷിത്വ ശ്രുത്യാദിവിന അന്യതമം പ്രമാണമസ്തിയാണ് അംഗാംഗിഭാവം അപ്പോ ഈ ബ്രഹ്മജിജ്ഞാസയും ധർമ്മ ജിജ്ഞാസയും തമ്മിൽ ഈ കർമ്മങ്ങൾക്കുള്ളതുപോലെ അംഗാംഗിഭാവം ഇല്ല ഉണ്ടെന്നുള്ളത് പ്രമാണമില്ല ഉണ്ടെങ്കിൽ അവിടെ കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാം അതില്ല എന്നാണ് പറയുന്നതാണ് എന്നാ ഞാൻ ശ്രുത്യാദിയിലെ ശ്രുതി ശേഷശേഷിത്വം അർത്ഥം ശേഷശേഷിത്വത്തിൽ ശ്രുത്യാദിയിൽ ഒരു പ്രമാണമില്ല എന്ന് പറഞ്ഞാൽ ശ്രുതി അർത്ഥ പാഠസ്ഥാന പൂർവ്വമാമസി പറയുന്ന ഈ ക്രമങ്ങളൊന്നും തന്നെ ബ്രഹ്മ ജിജ്ഞാസയും ധർമ്മ ജിജ്ഞാസയും അംഗ അംഗികളാണെന്നുള്ളതിന് ഇതൊന്നും ഒരു പ്രമാണമില്ല അതന്നെ അങ്ങനെ ഒരു ബന്ധമില്ല ജാഗങ്ങളിൽ അംഗാംഗി ഭാവം വരും പരിപാടി ഇല്ല നടത്തും പാരമ്പര്യം ശേഷശേഷി ഭാവേവിക്രമേ നിയമോന്നിഷ്ട ചില ശേഷശേഷി ഭാവം ഇല്ലെങ്കിലും കർമ്മമുണ്ടല്ലോ എന്താണ് യഥാബോർ സഹപൂർണമാസത്തില് അതിന് തന്നെ ഒരു ഉദാഹരണം എടുക്കുകയാണ് എന്താണ് ചമസേന ആബപ്രണയേത് ഗോദന പശുതാമസ്യശപൂർണമാസയാകത്തിൽ മൺപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വയ്ക്കും അതിനുവേണ്ടി ആചമനത്തിന് വേണ്ടി അത് അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് വയ്ക്കുന്ന പാത്രത്തിൽ കൊണ്ടുവയ്ക്കുന്നു അവിടെ പറയുന്നു പശുകാമൻ പഴയകാലത്ത് ഈ ആട്ടിനും പശുവിനും വേണ്ടിയാണല്ലോ യാഗം ചെയ്യുന്നത് പ്രധാന അവരങ്ങനെ വിശ്വസിച്ചിരുന്നു അന്നത്തെ ധനം ഗോധനമാണ് പാട് പശുവൊക്കെ വേണമെന്നുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യണം ഗോദോഹനം എന്നുവെച്ചാൽ പശുവിനെ കറക്കുന്ന ആ പാത്രത്തിൽ തന്നെ വെള്ളം കൊണ്ടുപോയിക്കുന്നു വേറെ പാത്രം പാടില്ല അപ്പൊ ഇതിനും ഒരു ക്രമമുണ്ടെന്നാണ് അങ്കാംഗി ഭാവം ഇല്ലെങ്കിലും അപ്പൊ മറ്റു യാഗങ്ങളിൽ പറഞ്ഞതുപോലെ അങ്കാംഗി ഭാവം ഇല്ലെങ്കിലും ഈ ഗോദോഹനം എന്ന് പറഞ്ഞ പശുവിന് പാല് പശുവിന് പശുവിന് പാല് പാത്രം ആ പാത്രം കൊണ്ടു വയ്ക്കുന്നതിന് അങ്ങനെ ഇന്ന പ്രവൃത്തി ശേഷം പാത്രത്തിൽ വെള്ളം കൊണ്ടു അതിനുശേഷം ഇന്ന കർമ്മം ചെയ്യണം ഇവയ്ക്ക് പരസ്പരം അങ്കാംഗി ഭാവം ഇല്ല അങ്ങനെയൊരു കർമ്മം ഏത് ഉണ്ടെന്ന് അപ്പൊ ഭാഷകാലം പറഞ്ഞാൽ എന്താണ് ഈ ബ്രഹ്മമീമാംസയും ധർമ്മമീമാംസയും തമ്മിൽ അങ്കാങ്കിഭാവം ഇല്ല ക്രമം ഇല്ലാതെ ഭാവനികാരം പറയുന്നു അങ്ക അങ്കി ഭാവം ഇല്ലാത്തടത്തും ക്രമമുണ്ട് വേദത്തിൽ ആ ക്രമം കൂടെ വരാമോ ഇല്ല എന്നാണ് അങ്കാംഗിഭാവം ഇല്ലാത്തടത്ത് ക്രമം ഇവിടെയാണ് ഇനി തന്നെ വെള്ളം കൊണ്ടുവരുക പശുവിനെ കറന്ന പാത്രത്തിൽ വെള്ളം കൊണ്ടുവരുക അത് ഇന്ന കർമ്മം ചെയ്തതിന് ശേഷം അതിനുശേഷം ഇന്ന കർമ്മം ചെയ്യണം ഇവിടെ ഒരു ക്രമം ഉണ്ടല്ലോ ഇവിടെ അംഗാംഗിഭാവം ഇല്ല പൗനി അംഗം അല്ല അപ്പോൾ അങ്കാംഗി ഭാവം ഇല്ലാത്തടത്തും വേദത്തിൽ ക്രമം ബ്രഹ്മജിജ്ഞാസയും ധർമ്മ തമ്മിൽ അങ്കാംഗിഭാവം ഇല്ലെങ്കിലും ക്രമം ഒന്നും ഉണ്ടായിക്കൂടാന്നുള്ളതും സമാനം പറയാൻ എന്നും ഭാഷകാരൻ പറഞ്ഞ കാര്യങ്ങളല്ല പൗവിന്റെ ഭാരം കൂട്ടിച്ചേർക്കുന്നതാണ് അതാണ് യഥാ ഈ ഗോദോഹനം എന്ന് പറയുന്നത് എന്താണ് പുരുഷാർത്ഥമാണ് അപ്പൊ യാഗത്തിൽ ചെയ്യുന്ന പ്രവൃത്തി പുരുഷാർത്ഥമാണോ അത് ക്രത്തോർത്ഥമാണോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം പുരുഷാർത്ഥമെന്ന് വെച്ചാൽ ബലം ഇപ്പോ ഈ പശുവിനെ പാല് കയറുന്ന പാദത്ത് വെള്ളം കൊണ്ടുവരുക എന്ന് പറയുന്നത് വെച്ചാൽ അത് പശുവിന് വേണ്ടിയിട്ടാണ് പശുവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി പറയുന്നത് പുരുഷാർത്ഥമല്ല ക്രത്തോർത്ഥമാണെന്തുകൊണ്ട് അങ്കിക്ക് വേണ്ടി ചെയ്യണം ഒരു യാഗം മറ്റൊരു യാഗത്തിന് വേണ്ടി ചെയ്യുമ്പോ എന്തോ അത് ക്രത്തൂർത്ത ഒരു യാഗം ഒരു വേണ്ടി ചെയ്യുമ്പോൾ അതെന്തായി പുരുഷാർത്ഥം അപ്പൊ ഇതൊരു പുരുഷാർത്ഥ ആടിനെ ധാരാളം കിട്ടണം അതിനുവേണ്ടി ചെയ്യുന്നതാണിത് ആ പാത്രത്തിൽ തന്നെ വെള്ളം കൊണ്ടുപോയി പൂജയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേക പാത്രമൊക്കെ ഉണ്ടാക്കി വെച്ച് കിണ്ടി അതൊക്കെ ഉണ്ടാക്കി വെച്ച് അത് വെള്ളം കൊണ്ടു ചട്ടിയിൽ വെള്ളം കൊണ്ടുപോയ്ക്കും ഇല്ലല്ലോ അവിടെയൊക്കെ ചില നിയമങ്ങൾ വെക്കുന്നു ഇന്ന പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയ്ക്കുന്നു അതൊക്കെ ഈ വൈദിക കർമ്മങ്ങളിൽ നിന്നിങ്ങോട്ട് വന്നതാണ് അതിന്റെ അതിനെപ്പറ്റി കോപ്പി അടിച്ച് കോപ്പി അടിച്ച് കോപ്പി അടിച്ച് കൊണ്ടുവന്നാണ് നമ്മൾ പൂജയിലൊക്കെ ഓരോരോ ചെറിയ ചെറിയ നിയമങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ആ തന്ത്രത്തെ പരിഷ്കരിച്ചാണ് അതുകൊണ്ട് പറയുന്നത് യഥാ ഗോദോഹനസ്യ പുരുഷാർത്ഥസ്യ ഗോദോഹനം എന്ന് പറയുന്നത് എന്താണോ അത് പുരുഷാർത്ഥമാണ് എന്നുവെച്ചാ പശുവിന് വേണ്ടി ചെയ്യുന്നതാണ് ദർശപൂർണ മാസികയി അംഗേ സഹ അത് ദർശപൂർണ മാസത്തിന്റെ അംഗങ്ങളോടൊപ്പം അനുഷ്ഠിക്കുന്ന ഒരു ക്രമമാണ് അവിടെ എന്താണ് അവിടെ എങ്ങനെയാണോ അങ്കാംഗി ഭാവം ഇല്ലാത്തിടത്തും ക്രമം അതുപോലെ അല്ലെങ്കിൽ യഥാവാ ദർശപൂർണമാസാഭ്യം ഇഷ്ടോമേനെ ചെയ്ത ഇനി ദർശപൂർണമാസ സോമ യോർ ആ ശേഷ ശേഷിണോ ഇനി വേറൊരു വാക്യം പറയണം ദർശപൂർണമാസാഭ്യം ഇഷ്ടോമേനെ ദർശപൂർണമാസയാഗം ചെയ്തതിനു ശേഷം സോമയാഗം ചെയ്യുക ഇവിടെ ഇഷ്ട് എന്ന് പറയുമ്പോൾ എന്താണോ ഒരു ക്രമമുണ്ട് പക്ഷെ ഇവിടെ അംഗാംഗി ഭാവം ഇല്ല അപ്പം ഇവിടെ രണ്ടിടത്തും അങ്ക അങ്കിഭാവം ഇല്ലാത്തടത്ത് കർമ്മത്തെ കാണിക്കും ദർശപൂർണമാസയാഗത്തിന്റെ അംഗമല്ല സോമയാഗം എന്തായാലും അവിടെ ക്രമമുണ്ട് അപ്പം ഭാഷ്യകാരം പറഞ്ഞാൽ അത്തം കൂടെ കയറ്റി പറയാണ് ഭാവതികാരം ഭാവി ഭാഷകാരം പറഞ്ഞ എന്താണ് ശേഷശേഷികൾക്ക് ക്രമമുണ്ട് അതുപോലെ ക്രമം ഇവിടെ ഇല്ല ഭാഷകാരം പറയുന്ന ശേഷ അങ്ങനെയുള്ള കർമ്മവും ഇപ്പൊ ഭാമനികാരൻ ഇവിടെ പറയുന്നത് എന്താണ് രണ്ടും പറയുന്നതിന്റെ വ്യത്യാസം പക്ഷികാരൻ പറഞ്ഞ എന്താണ് അങ്ക അങ്കികൾക്ക് ക്രമമുണ്ട് ആ ക്രമം ഇവിടെ പാടില്ല എവിടെ ജിജ്ഞാസേന പക്ഷികാരൻ പറയുന്നത് പോരാ പക്ഷുകാരൻ കുറെ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി അത് അപൂർണമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ പൂർണമാക്കാനാണ് ഭാവനികാരം പറയുന്നത് ശരിയാണ് അംഗ അങ്കിഭാവം ഉള്ള അടുത്ത് ക്രമമുണ്ട് ആ ക്രമം പറയുന്നത് പക്ഷെ അങ്കഅങ്കിഭാവം ഇല്ലാത്തടത്ത് ക്രമമുണ്ട് അംഗ അങ്കിഭാവം ഇല്ല അതുകൊണ്ട് ക്രമം ഇല്ല എന്ന് ആണല്ലോ ഭാഷകാരം പറയുന്നത് ധർമ്മ ബ്രഹ്മങ്ങൾക്ക് അംഗ അംഗിഭാവം അവിടെ അതുകൊണ്ട് ഇല്ല അതുകൊണ്ട് ക്രമമില്ല എന്നാണ് മനസിലായോ ധർമ്മബ്രഹ്മങ്ങൾക്ക് അംഗാംഗിഭാവം ഇല്ല അതുകൊണ്ട് ക്രമവും ഇല്ലെന്നാണ് അതിനെ തിരുത്തയാണ് ഭാഷ്യകാരൻ ഭാഷകാരനെ തിരുത്തുകയാണ് ഭൗമതികാരൻ എന്താ പറയുന്നത് ശരിയാണ് ധർമ്മ ബ്രഹ്മങ്ങൾക്ക് അംഗാംഗിഭാവം ഇല്ല ശരിയെന്നെ പക്ഷെ അതില്ലെങ്കിലും ക്രമം വരാമെന്നാണ് അതോടെ ഇല്ല എന്നാണ് അതില്ലാത്തതിന് ആണ് രണ്ടുദാഹരണം പറഞ്ഞു ഒന്ന് ഗോദോഹനത്തിൽ വെള്ളം കൊണ്ടുവരുന്നത് വിടെ അങ്കാങ്കി ഭാവമില്ല പക്ഷെ അത് അവിടെ ക്രമമുണ്ട് പിന്നെ ദൃശ്യപൂർണ മാസം ചെയ്തതിന് ശേഷം ഒരു സോമയാകൊണ്ട് രണ്ടും നമ്പില് അങ്കാങ്കി ഭാവം ഇല്ല ക്രമം ഉണ്ട് അപ്പൊ ഭാഷകാരൻ ആരായി ഭാഷകാരനൊന്ന് കൊച്ചാക്കിയാണ് ഇവിടെ ഭാഷകാരൻ എന്താണ് അങ്കാംഗി ഉള്ളിടത്തെ ക്രമമുള്ളൂ എന്നുള്ള ഒരു ധാരണയിലാണ് പറഞ്ഞതെന്നാണ് ഭാധികാരൻ ഇവിടെ ധരിപ്പിക്കുന്നത് അങ്ങനെന്താ അങ്കാംഗി ഭാവം ഇല്ലാത്തടത്തും കർമ്മം വരാം അങ്ങനെ ഒരു കർമ്മം ഇവിടെ ഇല്ല എന്ന് പറയുന്നു ആ വ്യത്യാസം ശ്രദ്ധിച്ചു മനസ്സിലാക്കും അധികാരേവാ പ്രമാണഭവാർത്ഥം ഇതിന അധികൃത അധികാരം ഒന്നിൽ അധികാരിയായിട്ടുള്ളവൻ മറ്റൊന്ന് ചെയ്യുക അതാണ് അധികൃത അധികാരി എന്ന് പറയുന്നത് ദർശപൂർണ്ണ മാസത്തിൽ അധികാരിയായിട്ടുള്ളവനെന്ത് ചെയ്യുന്നു മറ്റൊന്ന് ചെയ്യുന്നു അവിടെയും പ്രമാണമില്ല യോജന അത് ഭാഷകാലം പറഞ്ഞു പിന്നെ അതിനെ വിശദീകരിക്കുന്നു